എന്നാൽ അള്ളാഹുസുബഹാനഹുവായാലായുടെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരനുഗ്രഹം ലഭിച്ചാൽ നിങ്ങൾക്കും അവനും തമ്മിൽ യാതൊരു സ്നേഹബന്ധവും ഇല്ലാതിരുന്നത് പോലെ അവൻ പറയും കഷ്ടം ഞാൻ എനിക്ക് മഹത്തായ വിജയം ലഭിക്കുമായിരുന്നു